തങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ലെന്ന് സത്യനിഷേധികൾ വാദിച്ചു പറയുക അല്ല എന്റെ രക്ഷിതാവ് തന്നെ സത്യം നിങ്ങൾ തീർച്ചയായും പുനരുജ്ജീവിപ്പിക്കപ്പെടും പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം നൽകപ്പെടും അത് അള്ളാഹു സുബാനഹുവാലയ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്